അള്ളാഹുസുബഹാനഹൂവറ്റഹാല അവരെയെല്ലാം ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ദിവസം അവർ നിങ്ങളോട് സത്യം ചെയ്യുന്നതുപോലെ അവനോടും സത്യം ചെയ്യും തങ്ങളെന്തോ ഒരു കാര്യത്തിലാണെന്നവർ കരുതുകയും ചെയ്യും അറിയുക തീർച്ചയായും അവരാണ് കള്ളന്മാർ